അധ്യായം രാജാവായ സിതക്യാവിന്റെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസത്തിൽ ബാബൽ രാജാവായ നബുഖ് ദനേസരും അവന്റെ സകല സൈന്യവും യരിശലമിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു സിദക്യാവിന്റെ പതിനൊന്നാം നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ചു ബാബൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരുമായ നേർഗൽ ശരേസറും സങ്കർ നബോവും സർ സിഖീമും റെബ്സാരീസും രബ് മാഗും ബാബേൽ രാജാവിന്റെ ശേഷം അകത്തു കടന്ന് നടുവിലത്തെ വാതുക്കൽ ഇരുന്നു യഹൂദ രാജാവായ സിതക്കിയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി രണ്ടു മതിലുകൾക്കും നടുവിലുള്ള വാതുക്കൾ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അരാബ വഴിക്ക് പോയി കൽദയറുടെ സൈന്യം അവരെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് സിദക്കിയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ ബാബൽ രാജാവായ നബൂഗതനേസറിന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവനവന് വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിതക്യാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നു യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളു അവൻ സിതക്യാവിന്റെ കണ്ണ് പൊട്ടിച്ചു അവനെ ബാബലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു കൽതയർ രാജഗ്രഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീവച്ചു ചുട്ടു യരുശല്യമിന്റെ മതിലുകളെ നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തന്റെ പക്ഷം ചേരുവാൻ ഓടിവന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ അദാൻ ബാബയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നബൂസർ അദാൻ യഹൂദാദേശത്ത് പാർപ്പിച്ചു അവർക്കന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു ഇരമ്യാവെക്കുറിച്ച് ബാബൽ രാജാവായ നെബുഗദനെസർ അകമ്പടി നായകനായ നെബുസർ അദാനോട് നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടിവെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു അങ്ങനെ അകമ്പടി നായകനായ അദാനും നെബൂസ് ഷസ്ബാനും രസാരീസുംർഗൽരും രബ് മാഗും ബാബിൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരും കൂടെ ആളയച്ച് ഇരമ്യാവെ കാവൽപുരമുറ്റത്തു നിന്ന് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതിന് ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്തെന്നാൽ നീ ചെന്ന് കൂശ്യനായ ഏബത്ത് മേലക്കിനോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ എന്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര നിവർത്തിക്കും അന്ന നീ കാണെ അവ നിവർത്തിയാകും അന്ന് ഞാൻ നിന്നെ വിടിവിക്കും നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ വിടിവിക്കും നീ വാളാൽ വീഴുകയില്ല നിന്റെ ജീവൻ നിനക്ക് കൊള്ള ഇരിക്കും നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്